യം വേത്തി പുരുഷം പ്രകൃതി ചുണൈ സഹതാ വർത്തമാനോപി നൂയോഭിജായ കഴിഞ്ഞ അധ്യായത്തിലെ ഒരു ശ്ലോകമാണ് ഭഗവത്സാക്ഷാത്കാരത്തിന് പ്രകൃതിയെക്കുറിച്ചും പുരുഷനെക്കുറിച്ചും അറിയണം പ്രകൃതിയെ സത്വം രജസ് തമസ് എന്നുള്ള മൂന്ന് ഗുണങ്ങളോടുകൂടെ ആരറിയുന്നുവോ പുരുഷനെ ആര് യഥാർത്ഥ സ്വരൂപത്തിൽ അറിയുന്നുവോ അയാള് നിത്യനിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരുന്നാലും ലോകത്തിൽ വ്യവഹരിച്ചുകൊണ്ടിരുന്നാലും അയാൾ മരിച്ചു കഴിഞ്ഞാൽ ന ഭൂയഹ അഭിജായതെ വീണ്ടും ജനിക്കില്ല എന്നാണ് ആ ശ്ലോകത്തിനർത്ഥം ജീവൻ മുക്തൻ്റെ സ്ഥിതിയാണ് ജീവൻ മുക്തൻ എന്നുവെച്ചാൽ അതൊരവസ്ഥയല്ല നമ്മളുടെ സ്വരൂപം നിത്യമുക്തമാണ് ജീവൻ മുക്തി വിദേഹമുക്തി എന്നൊക്കെ പറയുന്ന വാക്കുകൾക്കൊന്നും വാസ്തവത്തിൽ ആഴുന്ന ചിന്തിച്ചു നോക്കുമ്പോൾ അർത്ഥമില്ല തത്വത്തിനെ അറിയുമ്പോൾ ആത്മാനിത്യമുക്തമാണ് അതിനു ബന്ധമേയില്ല നമ്മൾക്ക് നേരച്ചൊവയുള്ള ആത്മവിചാരത്തിന് സന്ദർഭമുണ്ടാകുന്നതാണ് സന്ദർഭമുണ്ടാകുമ്പോ നമ്മളല്ലാത്ത വസ്തുക്കളൊക്കെ ഉപേക്ഷിക്കുകയും അഥവാ അതുപോലും പറയേണ്ട നമ്മളുടെ യഥാർത്ഥ സ്വരൂപം തെളിഞ്ഞു പ്രകാശിക്കും അങ്ങനെ തന്നിൽ തന്റെ യഥാർത്ഥ സ്വരൂപം കണ്ടെത്തിയ ആള് താൻ ഒരിക്കലും ജനിച്ചിട്ടോ മരിച്ചിട്ടോ ഇല്ലെന്നും സത്വം രജസ് തമസ് എന്നുള്ള ഗുണങ്ങളൊന്നും തന്നെ ബന്ധിക്കുന്നില്ലെന്നും തന്റെ യഥാർത്ഥ സ്വരൂപം നിത്യമുക്തമാണെന്നും അതിൽ ഞാൻ എന്ന ഈ വ്യക്തിത്വവും ശരീരവും പ്രപഞ്ചവും തൽക്കാലത്തേക്ക് തോന്നുന്ന ഒരു വിചിത്രമായ ഒരു ആവിർഭാവം മാത്രമാണെന്നും സുവ്യക്തമായി സത്യത്തിനെ കണ്ട ആള് നല്ലവണ്ണം കാണുന്നു അയാൾ ലോകത്തിൽ എന്തൊക്കെ തന്നെ വ്യവഹരിച്ചാലും സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്ന പോലെ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ തോന്നിയാലും അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ശരീരമേ ഇല്ല അങ്ങനെ ഒരു സ്ഥിതി ഒന്ന് ഭാവന ചെയ്തു നോക്കൂ ശരീരമേ ഇല്ല ഭാഗവതത്തിൽ ഭഗവാനും പറയുന്നുണ്ട് ഉപനിഷത്തും പറയുന്നു ദേഹസ്ഥോപി നറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ അദ്ദേഹത്തിന് ദേഹമുള്ള പോലെയും ദേഹം സുഖിക്കുന്ന പോലെയോ ദുഃഖിക്കുന്ന പോലെയോ വിഷമിക്കുന്ന പോലെയോ ഒക്കെ തോന്നുന്നു ഭഗവാൻ രമണ മഹർഷിക്ക് സാർക്കോമാ വ്യാധി വന്ന് കഷ്ടപ്പെടുമ്പോ മഹർഷി പലമുറ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ശരീരമില്ല ശരീരം വേദനിക്കുന്ന പോലെ നിങ്ങളല്ലേ നോക്കണത് ഞാനത് അറിയണില്ല അങ്ങനെയെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് വേദനിക്കുന്നതായിട്ടും ആളുകൾ കണ്ടിട്ടുണ്ട് എന്നിട്ടും ഞാൻ അറിയണില്ല അപ്പൊ അതെന്തെങ്കിലും ഒരു പ്രത്യേക ഒരു സ്റ്റേറ്റ് ആണോ എന്ന് നമുക്ക് തോന്നും അങ്ങനെ ഒരു സ്ഥിതി എന്ന് പറയുമ്പോൾ ഉടനെ നമ്മൾ അദ്ദേഹം ഈശ്വരനാണോ അദ്ദേഹം കൊണ്ട് അദ്ദേഹം ചെയ്തു മഹർഷി പറയണത് ഇത് എല്ലാവരുടെയും നാച്ചുറൽ സ്റ്റേറ്റ് ആണ് കൊച്ചു കുട്ടികളെ കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും കുട്ടികൾക്ക് ദേഹമില്ല ശ്രദ്ധിച്ചു നോക്കൂ രണ്ടു മാസം മൂന്ന് മാസം ഉള്ള കുട്ടികളെ കണ്ടാൽ അവർക്ക് ഈ ദേഹം താനാണെന്നൊന്നും അവർക്കൊരു വിചാരവുമില്ല ദേഹത്തിൽ അവർ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല ദേഹം ലോകത്തിനുണ്ട് ദേഹത്തിന് ഊണ് കഴിക്കുകയും ഉറങ്ങുകയും ഒക്കെ അവർക്ക് ദേഹം ഈ ദേഹം താനാണെന്ന് ഈ ദേഹത്തിൽ അവർ ഐഡന്റിഫൈ ചെയ്തിട്ടേ അതിനർത്ഥം നമ്മളൊക്കെ അങ്ങനെയാണ് ഇരുന്നിരിക്കുന്നത് നമ്മള് ഒരു എട്ടുകാലി ചിലന്തി വലകെട്ടി അതിനകത്ത് കടക്കണ പോലെ അവിദ്യ കൊണ്ട് ഒരു വല കെട്ടി അതിനകത്ത് കടന്നിട്ട് പതുക്കെ പതുക്കെയാണ് ഈ ഐഡന്റിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഇപ്പോ ഒരു ഡീഹിപ്പനോസിസ് ആണ് സത്സംഗം എന്ന് പറയുന്നത് ആകെപ്പാടെ അധ്യാത്മകാര്യത്തിൽ ഇത്രേ അറിയാനുള്ളൂ ഇപ്പൊ ഞാൻ രണ്ടു മൂന്ന് ദിവസമായി സത്വഗുണം രജോ ഗുണം തമോ പറഞ്ഞു ചിലരോടൊക്കെ നോട് ചിലരൊക്കെ എന്നോട് പറഞ്ഞു കട്ടുകെട്ടിയായിരിക്കണമെന്നാണ് വിഷമായിട്ടിരിക്കണം എന്ത് ചെയ്യാം ഗീതല കൊണ്ട് പറയാറ് നിർത്തിയില്ല അത്രയൊന്നും പറയാനോ അറിയാനോ വാസ്തവത്തിലില്ല അറിയേണ്ടത് ഇത്രയേ ഉള്ളൂ ഈ ദേഹം ഞാനല്ല ഇത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊള്ളുക ഉള്ളിൽ അനുഭവം വന്നിട്ടില്ലെങ്കിലും പറഞ്ഞുകൊള്ളാം അനുഭവം പുതിയതായിട്ട് വരണ്ട അനുഭവം ഉള്ളിലുണ്ട് ആ അനുഭവം പുറമേക്ക് തലനീട്ടണം അത്രയേ ഉള്ളൂ അതുകൊണ്ട് ഒരു മന്ത്രം പോലെ ഉള്ളിൽ പറഞ്ഞുകൊള്ളുക ഈ ദേഹം ഞാനല്ല ഈ ദേഹം എന്റെയുമല്ല പ്രകൃതിയുടെ ആണ് ഈ ദേഹം ദേഹം എന്റെയാണോ എനിക്കതിനെ കുറിച്ച് യാതൊന്നും അറിവില്ല എന്റെ കൺട്രോളിന് അത് വഴങ്ങുന്നില്ല എന്റെ അറിവുകൊണ്ട് അതിനെ എനിക്കൊന്നും ചെയ്യാനും പറ്റണില്ല ഇനിയിപ്പോ മൂന്നാമതൊരു കാര്യം ഈ ദേഹം എനിക്ക് വേണ്ടിയല്ല ദേഹം എനിക്ക് വേണ്ടി അല്ല സാധന ദേഹത്തിന് പരോപകാരാർത്ഥം ഇതം ശരീരം എന്നുവെച്ചാൽ പരോപകാരാർത്ഥം എന്ന് വെച്ചാൽ വെറുതെ സോഷ്യൽ സർവീസ് മാത്രം ചെയ്തുകൊണ്ട് നടക്കണമെന്നല്ല തന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല എന്ന് തീരുമാനിച്ചാൽ തന്നെ ദേഹത്തിനോടുള്ള സൂക്ഷ്മമായ ബന്ധം വിട്ടുപോകും കർമ്മയോഗത്തിന്റെ സീക്രട്ട് അതാണ് ഒന്നും ഇനിമേലാൽ ഞാൻ എന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ചെയ്യില്ല ബേസിക്കായിട്ട് ഉണ്ണുക ഉറങ്ങുക എന്നുള്ള ആ വ്യവഹാരങ്ങളെ അല്ലാതെ ബാക്കിയൊക്കെ എതിർച്ചയാ വരുന്ന പ്രവൃത്തി ചെയ്യും അതുകൊണ്ട് ആർക്കും ഉപകാരം ഉണ്ടാവണോ ഉണ്ടാവട്ടെ എനിക്ക് വേണ്ടി ഇനിയൊന്നും ചെയ്യാനില്ല ഈ ദേഹം എനിക്ക് വേണ്ടിയല്ല ഈ ദേഹം എന്തിനാവിർഭവിച്ചു എന്ന് എനിക്കറിയില്ല അത് ഫാക്ടല്ലേ ഈ ദേഹം എന്തിനാവിർഭവിച്ചു എനിക്കറിയില്ല എന്നോട് ചോദിച്ചിട്ടല്ല വന്നിരിക്കണത് കുറെ മാസങ്ങൾ ജനിച്ചു കുറച്ചു മാസങ്ങൾ കഴിയുമ്പോ ഞാൻ കാണുന്നു ഒരു ദേഹത്തിൽ ഞാൻ പെട്ടിരിക്കുന്നതായിട്ട് അതെനിക്ക് ഇഷ്ടപ്പെട്ട ദേഹമാണെങ്കിലും അല്ലെങ്കിലും അതും വെച്ചുകൊണ്ട് ജീവിക്കുകയേ എനിക്ക് വഴിയുള്ളൂ ഒരു മഹാത്മാ വയസ് പത്ത് എഴുപത്തിയഞ്ചു വയസ്സായി അദ്ദേഹത്തിനിപ്പോ അദ്ദേഹം ഒരിക്കലും എന്നോട് പറഞ്ഞു നിങ്ങൾക്കൊക്കെ നല്ല ശരീരം നല്ല ആരോഗ്യമായ ശരീരമുണ്ട് എന്റെ ശരീരം തികച്ചും ജന്മനാ തന്നെ ശിഥിലമാണ് കുട്ടിക്കാലം മുതൽക്ക് തന്നെ അത് രോഗം കൊണ്ട് വിഷമിക്കണതാണ് ആതുരമായ നമുക്ക് ആരോഗ്യമായ ശരീരമായിരിക്കുമ്പോൾ ഈ ഫിലോസഫി പറഞ്ഞാൽ അത്ര കണ്ട് പിടികിട്ടില്ല നല്ല ആരോഗ്യമായിരിക്കുമ്പോൾ അദ്ദേഹത്തിനെ പോലെയുള്ളവരെ കണ്ടാൽ അദ്ദേഹം പറയാണ് കുട്ടിക്കാലം മുതൽ എന്റെ ശരീരത്തിൽ പല പ്രശ്നങ്ങളാണ് ശരീരത്തിൽ മാത്രമല്ല ശരീരത്തിനോട് പറ്റിക്കിടക്കുന്ന സൈക്കി മനസ്സിലും എന്നുവെച്ചാൽ ശരീരത്തിനോട് പെട്ടിക്കിടക്കുന്ന മനസ്സിലും ശരീരപ്രശ്നം ബാധിച്ചിട്ട് പല വിഷമങ്ങളും ഉണ്ടാവും കുട്ടിക്കാലം മുതൽ അതായത് നമുക്കിതിന് ഒരു കാര്യമേ പറയാൻ പറ്റുള്ളൂ പൂർവ്വജന്മ പ്രാരബ്ദം ആ പാപം അതിന്റെ ഇഫക്റ്റ് ആയിട്ട് ജന്മനാ രോഗത്തോടുകൂടിയാണ് ശരീരം ജനിച്ചിരിക്കുന്നത് ആസ്പത്രിയിലൊക്കെ ഒരിക്കൽ വളരെ സീരിയസ് ആയിട്ട് അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവസാനം ഡോക്ടേഴ്സ് പറഞ്ഞു നിങ്ങളുടെ രോഗം പൂർണമായും മാറില്ല ലേൺ ടു ലിവ് വിത്ത് ഇറ്റ് അതും വെച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റുള്ള ചില രോഗങ്ങൾക്കൊക്കെ അവരങ്ങനെ പറയും പൂർണമായും മാറില്ല അത് വെച്ചുകൊണ്ട് ജീവിക്കുക അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇനി ഞാൻ എന്ത് ചെയ്യും ഈ ദേഹം വെച്ചുകൊണ്ട് ആഴ്ന്നു വിചാരം ചെയ്ത ഒരു പ്രത്യേക ഘട്ടത്തിൽ ഒരാസ്പത്രിയിൽ ഇരിക്കുമ്പോൾ എനിക്ക് നല്ലവണ്ണം ദർശനമുണ്ടായി ഈ ദേഹം ഞാനല്ല ദേഹം എന്റെ അല്ല ദേഹത്തിൽ നിന്നും വിട്ടുമാറുന്നതിലാണ് പൂർണ്ണമായ സൗഖ്യമുള്ളത് ദേഹത്തിൽ ഐഡന്റിഫൈ ചെയ്തുകൊണ്ടുള്ള സൗഖ്യത്തിനേക്കാളും ദേഹത്തിൽ നിന്നും പിരിഞ്ഞിട്ട് ഞാൻ നിത്യമുക്തനാണെന്ന് അറിഞ്ഞാൽ ഒരിക്കലും എനിക്ക് കേടുപാട് വരില്ല കൈവല്യനവനീതത്തിൽ ഗുരു ശിഷ്യനോട് പറഞ്ഞു ഉനൈ നീ അറി കൊണ്ടാൽ ഉനക്ക് ഓർ കേടുമില്ല നീ നിന്നെ ശരിക്കും അറിഞ്ഞാൽ നിനക്ക് ഇനിമേലാൽ ഒരു കേടുപാടും വരില്ല കാരണം ഈ ശരീരം ഇപ്പം ആരോഗ്യമാണെങ്കിലും ഫ്യൂച്ചറിൽ ആരോഗ്യം പോവാം പക്ഷേ ഞാൻ ഈ ശരീരമേ അല്ല നിത്യശുദ്ധമുക്തമായ ആത്മവസ്തുവാണെന്ന് അറിഞ്ഞ ആൾക്ക് നീ എന്ത് കേടുവരാനാ ദേഹം എന്ന് പറയുന്നത് ഞാനാകുന്ന ചിതാകാശത്തിൽ വെറും ഒരു ചിത്രം മാത്രമാണ് തൽക്കാലത്തേക്ക് ഒരു മാത്രമാണ് സ്ക്രീൻ സിനിമയില് തീ പിടിച്ചാലും സിനിമയിൽ മഴ സിനിമയിൽ മരണം സിനിമയിൽ ജനനം ഉണ്ടായാലും സ്ക്രീനിനെ ഒന്നും ബാധിക്കണില്ല അതേപോലെ ഈ ശരീരത്തിന് ജനനം ഉണ്ടാവട്ടെ മരണമുണ്ടാവട്ടെ വ്യാധി ഉണ്ടാവട്ടെ കഷ്ടങ്ങൾ ഉണ്ടാവട്ടെ എന്നോട് പറഞ്ഞു ആ മഹാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു ആ ഒരു സ്റ്റേജില് ഐ ടോട്ടലി ഡിസോസിയേറ്റഡ് മൈസെൽഫ് ഫ്രം ദ ബോഡി അതല്ലാതെ എനിക്ക് വേറെ വഴിയില്ല അദ്ദേഹത്തിന്റെ സ്റ്റേറ്റിൽ നിന്ന് നോക്കിയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ അതല്ലാതെ എനിക്ക് വേറെ വഴിയില്ല ഞാൻ ഈ ദേഹത്തിൽ നിന്നും പിൻവലിഞ്ഞതോടുകൂടെ ഞാൻ പരമാനന്ദ സ്വരൂപമായ ആത്മവസ്തുവാണെന്ന് അറിഞ്ഞു അതുകൊണ്ട് നിങ്ങൾക്ക് ആരോഗ്യമായ ഒരു ശരീരമുണ്ട് നിങ്ങൾ ഭാഗ്യവാൻ ഭാഗ്യവാനാണ് പക്ഷേ എനിക്ക് തികച്ചും ആരോഗ്യമില്ലാത്ത ഒരു ദേഹമാണ് എനിക്കുള്ളത് അതുകൊണ്ട് ഞാൻ ഭാഗ്യമില്ലാത്തവനൊന്നുമല്ല നല്ല ശരീരത്തിനെ ഞാനല്ല എന്ന് ഉപേക്ഷിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും എന്റെ ഈ കേടുവെന്ന് പോയ ഉപേക്ഷിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല അതുകൊണ്ട് നിങ്ങളെക്കാളും ഒരുവിധത്തിൽ ഞാൻ കൂടുതൽ ഭാഗ്യവാനാണ് ആധ്യാത്മികമായിട്ട് ഇങ്ങനെ ഒരു ശാസ്ത്രം സനാതനധർമ്മത്തിലല്ലാതെ വേറൊരിടത്തും കിട്ടല വേറൊരിടത്തും കിട്ടല ഭട്ടതിരി ഗുരുവായൂരപ്പനോട് വാദരോഗം മാറ്റി തരൂ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അവസാനം ഭട്ടതിരിക്ക് വിവരം വെച്ചു ആദ്യം വിവരം ഉണ്ടായിരുന്നില്ല എന്നല്ല പറയണത് എന്നാലും ഭട്ടതിരി പറഞ്ഞു ഗുരുവായൂരപ്പ ഹീ ഹീമേ ദേഹമോഹം തെജ പവന പുരാധീശ യേമഹേതോഹോ ഗേഹേ വിളത്രാദിഷു ച വിവിതാ ത്വദം വിസ്മരത്തി സോയം വന്നേ ശുനോവാ പരമിത പരത്രതം ചി കർണത് ജിഹ്വാദിയകർഷന്തി അവശം അതയിത് കോപിന്സ്വത് പദ ഇത്രയും നേരം ഈ ദേഹത്തിന്റെ രോഗം മാറ്റി തരുവെന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഇപ്പൊ പറയാണ് ഭഗവാനേ ഈ ദേഹം തന്നെയാണ് രോഗമെന്ന് ഞാനിപ്പോ കാണുന്നു ഈ ദേഹത്തിന്റെ രോഗം മാറ്റിയാലും പിന്നീട് എന്തെങ്കിലുമൊക്കെ രോഗം വരും അല്ലെങ്കിൽ അവസാനം മരിച്ചു പോവും ഇനിയിപ്പത് ആരോഗ്യമായിരുന്നാലോ അപ്പോഴും ഒരു രോഗമുണ്ട് കണ്ണൊരു വശത്തേക്ക് വലിക്കും ചെവി ഒരു വശത്തേക്ക് വലിക്കും മൂക്കൊരു വശത്തേക്ക് വലിക്കും നാവ് ഒരു വശത്തേക്ക് വലിക്കും തൊക്കൊരു വശത്തേക്ക് വലിക്കും ഒന്നുപോലും ഭക്തിക്കും ജ്ഞാനത്തിനും ശാശ്വതമായ സ്വരൂപാനന്ദത്തിനും സഹായിക്കാൻ ഒരു ഇന്ദ്രിയവും എനിക്കില്ല അതുകൊണ്ട് ആരോഗ്യമായ ശരീരവും ഒരു തരത്തിൽ കഷ്ടത്തിന് കാരണമായിട്ട് തീരും യൗവനത്തിലാണ് ഏറ്റവും പഴവ് പറ്റുക പ്രൗഢോഹം യൗവനസ്ഥ എന്തിനെന്തിനെ ആശ്രയിക്കുന്നുവോ അതിന് ഭംഗം വരുമ്പോ നമുക്ക് ദുഃഖം ഉണ്ടാവും ആരോഗ്യത്തിനെ ആശ്രയിച്ചാൽ ആരോഗ്യത്തിന് ഭംഗം വരുമ്പോ ദുഃഖമുണ്ടാവും എന്തിനു അതാണ് ഇന്നലെ സത്വഗുണത്തിന്റെ ലക്ഷണം പറഞ്ഞത് സുഖസംഗം നമുക്ക് ശരീരമൊക്കെ നല്ല ലാഘവത്തോടുകൂടെ ഇരിക്കുമ്പോൾ വളരെ സന്തോഷമായിട്ട് അത് കുറച്ച് കഴിഞ്ഞ് കേടുവരുമ്പോ വിഷമുണ്ടാവും എന്തിലും നമ്മൾ ആസക്തമായാൽ അത് വിട്ടുപോകുമ്പോൾ ദുഃഖം എല്ലാറ്റിനും വലിയ ദുഃഖമാണ് ദേഹത്തിനോടുള്ള ആസക്തി ഭട്ടതിരി അതാണ് പറഞ്ഞത് ഗുരുവായൂരൊപ്പം ഈ ദേഹമോഹം ത്യജ ദേഹത്തിനോടുള്ള ഈ മോഹം വിട്ടുകളയുക അതിനു വഴി വലുതും പറഞ്ഞു തരൂ യേമഹേതോഹോ ഇതിനോടുള്ള പ്രേമം കാരനാണല്ലോ ഇത്രയും കാലം രോഗം മാറ്റിത്തരൂ രോഗം മാറ്റിത്തരൂ എന്ന് പ്രാർത്ഥിച്ചത് അത് രോഗം മാറിയാലോ ഗേഹേ വിത്തെ കളത്രാദിഷുച വിവശിതാഹ ഈ ദേഹസംബന്ധമായ ദേഹത്തിന് സുഖം തരുന്ന വീട്ടിലും പണത്തിലും ഭാര്യയിലും കുട്ടികളിലും ബന്ധുക്കളിലും ഒക്കെ പെട്ടുപോയിട്ട് ത്വത്പദം വിസ്മരന്തി നിത്യവസ്തുവിനെ മറന്നുകളയുന്നു കിട്ടിയിട്ടുള്ളതും ഒരിക്കലും നഷ്ടപ്പെടാത്തതുമായ ശാശ്വത സത്യത്തിനെ വിട്ടിട്ട് അനിത്യവും നഷ്ടപ്പെടുന്നതുമായ ഓരോ വസ്തുവിലും ചെന്ന് മനസ്സ് അല്പത്തിൽ ഭൂമാവിനെ വിട്ട് അല്പത്തിൽ പെട്ടുപോകുന്നു വിട്ട് അൽപ്പത്തിൽ അനന്തമായ സുഖം നമ്മളുടെ സ്വരൂപസുഖം നമ്മളുടെ അകമേ തന്നെ നമ്മളെ കാത്തുകൊണ്ടിരിക്കുന്നുണ്ട് നിത്യനിരന്തരമായിട്ട് ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവം അതിൻ്റെ സ്വഭാവമാണോ സ്വരൂപമാണ് അത് അഹങ്കാരത്തിൻ്റെയോ മനസ്സിൻ്റെയോ ശരീരത്തിൻ്റെയോ ബുദ്ധിയുടെയോ ഒന്നുമല്ല നമ്മളുടെ ഉള്ളില് ഇപ്പൊ കണ്ണടച്ചിരുന്നാൽ ഒരു ഉണ്ട് എന്ന അനുഭവം ഞാൻ എപ്പോഴും പറയണ ഉദാഹരണം തന്നെ പറയാം ൈറ്റ് ഓഫ് ചെയ്താൽ ഇരട്ടിലിരിക്കുമ്പോ ഒരു അസ്തിത്വ അനുഭവമുണ്ട് എല്ലാവർക്കും ഉണ്ട് അല്ലെ അത് ശ്രുതി പറയണു അത് ദിവ്യമാണ് നിങ്ങൾക്ക് അത് കിരീടം വെച്ചുകൊണ്ടും ശംഖചക്രങ്ങൾ ധരിച്ചുകൊണ്ടും ശൂലമേന്തി കൊണ്ടും ഒക്കെ വരണമെന്ന് കുറച്ച് ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് അതിന്റെ വില അറിയാത്തതുകൊണ്ട് അസ്തിപലബ്ധവ്യ തഭാവന ചോഭയോ അസ്തിവോപലബ്ധവ്യ അസ്തിവോപലബ്ധ്യ തത്വഭാവം പ്രസീദത്തി ശ്രുതി പറയണത് ബ്രഹ്മത്തിനെ അഥവാ ഭഗവത് തത്വത്തിനെ അസ്തി എന്ന് നേടിയെടുക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഉപലബ്ധ്യ ഏറ്റവും അടുത്ത് അതിനെ അസ്തിത്വ സ്വരൂപമായിട്ട് പിടിച്ചെടുക്കേണ്ടിയിരിക്കുന്നു അസ്തിത്വ സ്വരൂപം എന്ന് വെച്ചാൽ ഉണ്മയായിട്ട് ഉണ്ട് എന്നുള്ള അനുഭവ രൂപത്തിൽ പിടിച്ചെടുക്കേണ്ടിയിരിക്കുന്നു ചിലരൊക്കെ ഈ ഉപനിഷത് ഉണ്ട് എന്ന് ബ്രഹ്മത്തിനെ വിശ്വസിക്കണം എന്നൊക്കെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് അങ്ങനെയല്ല ഉണ്മ അഹമസ്മി യോഹമസ്മി അഹമസ്മി അഹമേവാഹമസ്മി എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട് ആ അസ്മി ആ അസ്മിയിൽ അയാം ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അയാം മലയാളത്തിൽ പറഞ്ഞാൽ വ്യാകരണം ക്ലിയർ ആവില്ലേ അവിടെ അയാം അതില് ആ അതുകൊണ്ടാണ് അത് ആമായിട്ട് നിൽക്കുന്നത് ആ അവിടുന്ന് എടുത്തു കളഞ്ഞാൽ അത് ഈസ് ആയിട്ട് മാറും അസ്മി എന്നുള്ളത് അസ്ഥിയായിട്ട് മാറും അതിൽ അഹം ഉള്ളപ്പോ അസ്മി ആയിരിക്കും അഹത്തിനെ നീക്കിയാൽ അതായത് ഇൻഡിവിജ്വൽ സെൻസ് അവിടുന്ന് പോയാൽ വ്യക്തിത്വം അവിടുന്ന് പോയാൽ അത് അസ്ഥിയാവും അതായത് നമ്മളുടെ ഉള്ളിൽ ഉണ്ട് എന്നുള്ള കേവലാനുഭവം ഒരു വിചാ അതാണ് രണ്ടു ദിവസം മുമ്പ് പറഞ്ഞ് ചുമ്മായിരുന്നു നോക്കൂന്നാണ് അവിടെ എന്ത് ഉണ്ട് എന്ന് പ്രകാശിക്കുന്നുണ്ടോ അത് പ്രപഞ്ചത്തിന്റെ മുഴുവൻ മൂലപ്പൊരുളാണ് അതിൽ ആനന്ദമുണ്ട് ദിവ്യത്വമുണ്ട് ജ്ഞാനമുണ്ട് സർവശക്തിത്വമുണ്ട് സകല സൃഷ്ടിയുടെയും ബീജമാണ് ആ ഉണ്ട് എന്ന് നമ്മൾ അനുഭവിക്കുന്നത് യോഗവാസിഷ്ടത്തിൽ ഒരു ഉപാഖ്യാനം പറഞ്ഞു ഒരാള് ചിന്താമണി എന്ന് പറയുന്ന അപൂർവ രത്നം കിട്ടാനായിട്ട് തപസ് ചെയ്തു തപസ്സ് തുടങ്ങുമ്പോഴേക്കും ചിന്താമണി കിട്ടി അപ്പം അയാൾ പറഞ്ഞു അയ്യെ എത്ര എളുപ്പത്തിൽ കിട്ടണമെന്നൊന്നും ചിന്താമണി ആയിരിക്കില്ല എന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞിട്ട് പിന്നെയും കുറെ കാലം കഠിനമായി തപസ് ചെയ്തിട്ട് ആരോ ഒരു കാക്കപ്പോന്നുകൊണ്ട് വെച്ച തന്നെ എടുത്തോണ്ട് പോയി അതാണ് ചിന്താമണി എന്ന് പറഞ്ഞിട്ട് അതേപോലെ നമ്മൾ വിചാദ്യം തന്നെ ഉള്ളിൽ കൽപ്പിച്ചിരിക്കുകയാണ് സത്യം എളുപ്പത്തിൽ കിട്ടില്ല ഞങ്ങളെപ്പോലെ പ്രസംഗിക്കുന്നവർ കൂടുതൽ കൂടുതൽ നിങ്ങളെ പറഞ്ഞ് പേടിപ്പിക്കുകയും ചെയ്യും ഈ ജന്മത്തിലൊന്നും സാധിക്കില്ല എന്താന്ന് വെച്ചാൽ ഈ അഹങ്കാരത്തിന് പ്രവൃത്തിയുടെ സംബന്ധമാണ് സത്യം വളരെ സുലഭമാണ് പക്ഷെ അഹങ്കാരത്തിന് പ്രവർത്തിക്കാനാണ് എളുപ്പം പ്രവൃത്തി ഇല്ലാതിരിക്കാൻ അതിന് പറ്റില്ല അതാണ് അതിൻ്റെ ബുദ്ധിമുട്ട് അതുകൊണ്ട് തന്നെ സത്യസാക്ഷാത്കാരം വളരെ സുലഭമാണ് സത്യസാക്ഷാത്കാരം ഏറ്റവും വിഷമമാണ് സത്യത്തിനെ സാക്ഷാത്കരിക്കാൻ ഓരോ ജന്മവും ഒരു അവസരമാണ് ആ ജന്മത്തിൽ ആ ജീവന് സത്സംഗം ഭഗവത് കൃപ ഗുരു കൃപ ഉണ്ടാവുകയാണെങ്കിൽ ശക്തിപാദം ഉണ്ടാവുകയാണെങ്കിൽ ജീവനൽപ്പം വിവരം വെച്ചാൽ വിവേകമുദിച്ചാൽ ആ ജീവൻ ഇത്രയേ ചെയ്യണ്ടു ഈ ജന്മത്തിൽ പുതിയതൊന്നും ചേർക്കാതിരിക്കുക മൂന്ന് കാര്യങ്ങളാണ് ചെയ്യേണ്ടത് പുതിയതായ കർമ്മങ്ങളോ പുതിയതായ വാസനകളോ പുതിയതായ പ്രവർത്തി മണ്ഡലങ്ങളോ തുടങ്ങി വെച്ച് അതിൽ ചാടി പുതിയ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് രണ്ടാമത്തെ സ്റ്റെപ്പ് കൊണ്ടുവന്നിട്ടുള്ളത് തീർക്കുക മൂന്നാമത്തെ സ്റ്റെപ്പ് ഇതൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അല്ല ഒന്നിച്ച് നടക്കേണ്ടതാണ് മൂന്നാമത്തത് ഈ കൊണ്ടുവന്നത് തീര് തീർക്കുമ്പോഴും പുതിയത് ആരംഭിക്കാതിരിക്കുകയും വേണമെങ്കിൽ പ്രവൃത്തിയൊന്നും സ്പർശിക്കാത്തതും കേവല നിശ്ചലതയെ സ്വരൂപമായിട്ടുള്ളതുമായ കൂടസ്ഥം നമ്മളുടെ ഉള്ളിൽ ഒരു സെന്റർ ഉണ്ട് അവിടെ ഒരു ചലനവുമില്ല ആ സെന്ററിൽ പോയി ഇരുന്നാലേ സാധിക്കുകയുള്ളൂ ഈ മൂന്നെണ്ണമാണ് സത്യം അറിഞ്ഞ ആൾക്ക് ഇത്രയേ ചെയ്യാനുള്ളൂ അയാൾക്ക് ആ ഒണ്ട് എന്നിപ്പോ ഞാൻ പറഞ്ഞുവല്ലോ ആ ഉണ്ട് എന്നുള്ള അനുഭവത്തിലേക്ക് പോകൽ എന്നുള്ളത് ബ്രഹ്മാഭ്യാസവും അതുകൊണ്ട് മാത്രം അവിടെ ചെന്ന് ഇരിക്കാൻ പറ്റില്ല ചിലപ്പോ കുറെ പരിശ്രമിച്ചാൽ സത്സംഗം കൊണ്ടും ഭക്തി കൊണ്ടും ഒരു ഗ്ലിംസ് കിട്ടും അത് കൂടുതൽ കൂടുതൽ തെളിഞ്ഞു വരണമെങ്കിൽ കൊണ്ടുവന്നിട്ടുള്ള പ്രാരബ്ദം തീരുന്തോറും അത് തെളിയും ആകാശത്തിൽ ആർമേഘങ്ങൾ നിറഞ്ഞു നിൽക്കുമ്പോൾ മഴ ആകാശം തെളിയുന്ന പോലെ കൊണ്ടുവന്നിട്ടുള്ളത് തീരുന്തോറും ഈ ഉള്ളിലുള്ള ചിതാകാശം തെളിയും പക്ഷേ നമ്മൾ എന്ത് ചെയ്യും ീ ജന്മത്തിൽ മായാമലം ഉണ്ടാക്കും കൂടുതൽ കൂടുതൽ ശേഖരിക്കും അപ്പൊ എന്താവും ഈ തെളിയുന്നതിന് പ്രയോജനമില്ല തെളിയാൻ സമ്മതിക്കില്ല നമ്മള് അതുകൊണ്ടാണ് പറഞ്ഞത് ആദ്യം പുതിയത് ശേഖരിക്കുന്നത് നിർത്തുക ഉള്ളത് തീർന്നു പോകട്ടെ ശ്രദ്ധയെ അതിനു പുറകിലുള്ള ചിതാകാശത്തിൽ വയ്ക്കുക ഇത്രയുമായാൽ ആ ഉള്ളിലുള്ള വസ്തു സത്യം ജ്ഞാനം അനന്തം ആയിട്ട് ഹൃദയത്തിൽ തെളിഞ്ഞു തെളിഞ്ഞു തെളിഞ്ഞു വരും ആനന്ദസ്വരൂപമായി തെളിഞ്ഞു തെളിഞ്ഞു വരും ഭഗവത് സ്വരൂപമായി പ്രകാശിക്കും അപ്പോൾ ഒത്തിരി പണിയുണ്ടതിന് അതാണ് തപസ് എന്ന് പറയണത് ഇതാണ് ആകെക്കൂടെ അധ്യാത്മസാധന എന്ന് പറയണത് അല്ലാതെ വല്ല മെഡിറ്റേഷനോ പ്രാണായാമമോ അതൊക്കെ ആവാം പക്ഷെ അതൊന്നും സ്വതന്ത്രമായി ഒരാളെയും മുക്തനാക്കില്ല മുക്തിമാർഗത്തിന് ഒരു സൂത്രപ്പണിയുമില്ല മാണിക്യവാചകസ്വാമികൾ തിരുവാചകത്തിലടുത്ത് പാടുന്നു ഞാനു ജന്മജന്മങ്ങളായി അലഞ്ഞു അനേകം ഗുരുക്കന്മാരുടെ പുറകെ അലഞ്ഞു ഓരോരുത്തരും പറഞ്ഞു ഇങ്ങനെ സൂത്രമുണ്ട് വരൂ ഇങ്ങനെ ഒരു ഉണ്ട് വരൂ ഇങ്ങനെ മെത്തേഡ് ഉണ്ട് വരൂ എന്ന് പറഞ്ഞ് പലരും കാണിക്കുന്ന പല സാധനകളും പല മന്ത്രങ്ങളും ജപിക്കുകയും സാധനകൾ അനുഷ്ഠിക്കുകയും ചെയ്ത് വലഞ്ഞ് തളർന്നു പോയിരിക്കുന്നു എന്നാണ് അവസാനം തളർന്ന ജീവനെ അതുകൊണ്ടൊക്കെ പ്രയോജനമുണ്ട് എന്താ പ്രയോജനം എന്ന് വെച്ചാൽ ഈ അഹങ്കാരം തളർന്നു പോവുകയും പ്രവർത്തിച്ച് പ്രവർത്തിച്ച് പ്രവർത്തി കൊണ്ട് എന്ന് അറിഞ്ഞ അഹങ്കാര അടങ്ങുമ്പോൾ ഹൃദയത്തിൽ നിന്നും ഒരു പ്രാർത്ഥന വരും സത്യത്തിനെ നേടിയെടുക്കാനായി ശാന്തിക്കായിട്ട് വിശ്രാന്തിക്കായിട്ട് ജീവൻ ആഗ്രഹിക്കും യു വിൽ നോട്ട് ഡിസയർ ഫോർ പവർ യു വിൽ ഓൺലി തേഴ്സ്റ്റ് ഫോർ പീസ് ആ ഒരു സ്റ്റേജ് വരണം വളരെ ഉപനിഷത്ത് പറയുന്നു മനുഷ്യന്റെ മുമ്പിൽ പവറും പീസും വന്ന് നിൽക്കും പ്രേയസ് ശ്രേയസ് പവറാണ് എല്ലാവർക്കും വേണ്ടത് സ്ഥാനം മാനം പേര് പെരുമ ഇതൊക്കെ പവറാണ് അധ്യാത്മ വന്നാലും ഇതൊക്കെ ഉപേക്ഷിക്കൽ അത്ര എളുപ്പമല്ല ലൗകികമായ പവറിനേക്കാളും വളരെയധികം ആകർഷണമുള്ളതാണ് അധ്യാത്മ പവർ സൂക്ഷ്മ സൂക്ഷ്മമായ ആകർഷണ വലയങ്ങള് മനുഷ്യരുടെ മുമ്പിൽ നിൽക്കും ശിവാനന്ദ സരസ്വതിയുടെ ശിഷ്യൻ സ്വാമി വെങ്കടേശാനന്ദ ഒരിക്കൽ പറഞ്ഞു ഒരാള് ചോദിച്ചുത്രേ സ്വാമി ഈ പുരാണങ്ങളിലൊക്കെ ചെയ്യുന്ന ആളുകളുടെ മുമ്പിൽ അപസര സ്ത്രീകളൊക്കെ വന്ന് നർത്തനം ചെയ്യും എന്നൊക്കെ അതൊക്കെ ഈ കാലത്തും അങ്ങനത്തെ ആകർഷണമൊക്കെ ഉണ്ടാവുവോ അപ്പോ സ്വാമി പറഞ്ഞു തീർച്ചയായും എല്ലാ കാലത്തിലേക്കും ഉണ്ടാവും അപ്പൊ അയാള് പറഞ്ഞു അങ്ങനെയാണ് എനിക്കും തപസ് ചെയ്യണമെന്ന് സത്യ ലക്ഷ്യത്തിനേക്കാളും ആകർഷകമാണെന്നും അതിപ്പോ അപ്സര സ്ത്രീകളും അതുമൊന്നുമല്ല രമണഭഗവാൻ ഒരിക്കൽ കുഞ്ചുസ്വാമിയോട് പറഞ്ഞു മായ ഏതാത് സ്ത്രീ രൂപത്തിലതാ വന്തു നിൽക്കും നനച്ചു കഥ മായ ഒരു സ്ത്രീയുടെ രൂപത്തിലേ വരുള്ളൂ എന്ന് വിചാരിക്കണ്ട നിനക്ക് നിറയെ പണം തരാം നിന്റെ പേര് ലോകത്തിലൊക്കെ പ്രചരിപ്പിക്കാം നിന്റെ പേരിൽ ആശ്രമം കെട്ടിത്തരാം നിന്റെ പേരിൽ ഒരു അമ്പലം ഉണ്ടാക്കാം നിനക്ക് ധാരാളം സ്ഥലം തരാം എന്നൊക്കെ പറഞ്ഞ് പല വന്ന് ഈ ജീവനെ ഭ്രമിപ്പിക്കും മായ പണത്തിൻ്റെ രൂപത്തിൽ മാത്രമല്ല ധനത്തിൻ്റെ രൂപത്തിൽ മാത്രം ഏത് രൂപത്തിൽ വേണമെങ്കിലും വരാം അപ്പൊ സൂക്ഷ്മ തലത്തിൽ ചാടുക വളരെ വിഷമം പിടിച്ചതാണ് കാര്യം വളരെ എളുപ്പമാണ് ഒന്നും ചെയ്യാനില്ല നർത്തവ്യം നർമാണീ ലോകതി പ്രഭു നമ്മം ഭഗവാൻ തന്നെ ഗീതയിൽ പറയാണ് ഒരാൾക്കും കർത്തവ്യമോ കർമ്മമോ ഒന്നും ഭഗവാൻ വച്ചിട്ടില്ല പിന്നെ പെട്ടതെവിടെയാ സ്വഭാവസ്തുപ്രവർത്തത നമ്മള് കൊണ്ടുവന്നിട്ടുള്ള ഒരു മൂവ്മെന്റ് ഉണ്ട് സ്വഭാവം പ്രകൃതി ഇന്നലെ പറഞ്ഞുവല്ലോ ബിക്കമിങ് ആയിത്തീരാനുള്ള ആഗ്രഹം ആഗ്രഹ രൂപത്തിലുള്ള മനസ്സിന്റെ ചലനം ആ ചലനം ഈ ജന്മത്തിൽ എണ്ണയൊഴിച്ചു കൊടുത്ത് അത് നമ്മളുടെ ചുറ്റും വലിയൊരു ജയിൽ അറയായിട്ട് മാറും ഇതെന്ന് പുറത്തിച്ചാടുക ഞാൻ കർത്താവോ ഭോക്താവോ അല്ല എന്നറിയുക ശരീരം ഞാനല്ലാം ശരീരം എൻ്റെ അല്ല ശരീരം എനിക്ക് വേണ്ടിയല്ല ഭക്തിഭാവത്തിലെടുത്താൽ ശരീരം ഭഗവാന്റെ അന്തർയാമയുടെ ഒരു പ്രത്യേക രൂപത്തിലുള്ള മാനിഫെസ്റ്റേഷൻ ആണ് വേറെ ഒരു സൈഡിൽ നോക്കുകയാണ് ശരീരവും ഞാനും തമ്മിലുള്ള ബന്ധം വസ്ത്രവും വസ്ത്രം ധരിച്ചിരിക്കുന്ന ആളും തമ്മിലുള്ള ബന്ധം പോലെ അല്ല വാഹനവും വാഹനത്തിൽ സഞ്ചരിക്കുന്നവനും തമ്മിലുള്ള ബന്ധം പോലെയല്ല സൂര്യനും അതിൻ്റെ കിരണവും തമ്മിലുള്ള ബന്ധം പോലെയാണ് സൂര്യനിൽ നിന്നും ഗീതയിൽ തന്നെ കഴിഞ്ഞ അധ്യായത്തിൽ ഭഗവാൻ ഉപയോഗിച്ച ഉദാഹരണം അതാണ് ക്ഷേത്രം തഥാക്ഷേത്രീ പ്രകാശയതി ഭാരത ആദിത്യനെങ്ങനെ സർവവും പ്രകാശിപ്പിക്കുന്നു അതുപോലെ ക്ഷേത്രി ക്ഷേത്രത്തിനെ പ്രകാശിപ്പിക്കുന്നു അപ്പൊ ശരീരം എന്ന് പറയണത് ഓരോരുത്തന്റെ ശരീരവും അവന്റെ സൂക്ഷ്മ ശരീരത്തിന്റെയും കാരണ ശരീരത്തിന്റെയും മാനിഫെസ്റ്റഡ് ഫോമാണ് അതായത് ആത്മാവിന്റെ ഒരു അനിർവചനീയ ശക്തിയാണ് ദേഹരൂപത്തിൽ പുറമേക്ക് കാണപ്പെടുന്നത് പക്ഷെ കിരണം സൂര്യനല്ല എന്നാൽ സൂര്യനാണ് താനും അങ്ങനെയാണ് ഒന്നും പറയാൻ വയ്യാത്ത ഒരു സ്ഥിതിയാണ് ദേഹം ഞാനല്ല പക്ഷെ ദേഹം എന്നിൽ ഉണ്ടാവുന്ന ഒരു തോന്നലാണ് എന്നിലാണ് ദേഹം നിൽക്കുന്നത് പക്ഷെ ദേഹത്തിൻ്റെ യാതൊരു പ്രശ്നങ്ങളും ബോധത്തിനെ സ്പർശിക്കണില്ല ദേഹത്തിൻ്റെ കർമ്മങ്ങളൊന്നും ബോധത്തിനെ സ്പർശിക്കണില്ല ദേഹത്തിൻ്റെ പ്രവൃത്തികളൊന്നും ബോധത്തിനെ സ്പർശിക്കണില്ല ആ ബോധമാണ് ഞാൻ എന്ന് അറിയുകയും അത് വിട്ടുപോവാത്ത നിത്യനിരന്തര അനുഭവമായി നമുക്ക് തീരുകയും ചെയ്താൽ ഇന്നലെയും ഇനിയാ നോക്കി പറഞ്ഞ ത്രിഗുണങ്ങളൊന്നും ബാധിക്കില്ല അല്ലെങ്കിൽ ത്രിഗുണം ബാധിക്കും ത്രിഗുണം ശരീരത്തിൽ വരുമ്പോ കഫവും വാദവും പിത്തവും ഒക്കെ ആയിട്ട് തീരണം സ്ഥൂല രൂപമാണത് ത്രിഗുണങ്ങളുടെ സ്ഥൂല രൂപമാണ് കഫമായിട്ടും വാദമായിട്ടും പിത്തമായിട്ടും അത് ബാലൻസ്ഡ് ആയിട്ട് ഇരിക്കണം എന്ന് ആയുർവേദക്കാർ പറയും ശരീരത്തില് കഫവാദിത്തങ്ങള് ബാലൻസ് തെറ്റിയാൽ പോയി എന്നാണ് എല്ലാവരുടെ ശരീരത്തിന് മൂന്നും ഉണ്ടാവും ചിലര് കവശരീരികളായിരിക്കും ചിലർ വാദശരീരികളായിരിക്കും ചിലർ പിത്തശരീരികളായിരിക്കും അതേപോലെ ചിലര് സത്വഗുണ പ്ര പ്രമുഖന്മാരായിരിക്കും ചിലര് രജോഗുണപ്രമുഖന്മാരായിരിക്കും തമോഗുണപ്രമുഖന്മാരായിരിക്കും സത്വഗുണം രജോഗുണം തമോ ഗുണം ഒക്കെ തന്നെ സൂക്ഷ്മ ശരീരത്തിന്റെയും കാരണശരീരത്തിന്റെയും സ്ഥൂല ശരീരത്തിന്റെയും സ്വഭാവമാണ് ഇതൊന്നും നല്ലവണ്ണം അറിഞ്ഞോണം നമ്മളുടെ യഥാർത്ഥ സ്വരൂപമല്ല നമ്മളുടെ യഥാർത്ഥ സ്വരൂപം നിത്യശുദ്ധമാണ് നിത്യമുക്തമാണ് നിത്യശുദ്ധമാണ് അതിന് യാതൊരു ബന്ധമില്ല അത് ബന്ധത്തിൽ കുടുങ്ങിയിട്ടേയില്ല ഇത് പറയാനാണ് സത്സംഗം രമണ ഭഗവാൻ സദർശനത്തില് പറഞ്ഞു കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടതാണ് ആഹസ്പുടം തത്വമസീതി വേദ തഥാപി അസംപ്രാപ്യ പരാത്മനിഷ്ഠാം ഭൂയോ വിചാരുർബലത്വം തത്സർവഥാ സ്വാത്മതയാ ഹി ഭാതി വേദം തത്വമസി എന്ന് പറഞ്ഞു നീ തന്നെ ആ സത്യമാണ് എന്ന് പറഞ്ഞു അങ്ങനെ ഇരുന്നൂടെ വേദമേ പറയുമ്പോൾ അങ്ങനെ ഇരുന്നൂടെ ആചാര്യസ്വാമികളും വളരെ ദുഃഖത്തോടു കൂടെ പറഞ്ഞു ആളുകൾ അത് ശ്രദ്ധിക്കണില്ല അദ്യ അഷ്ടമീതി നവമീതി ചതുർദശീതി ജ്യോതിഷ്കവാചെ ഉപവസന്തി ഭക്തി ജ്യോത്സ്യന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ ദേഷ്യപ്പെടരുത് ജ്യോത്സ്യന്മാരെ കുറ്റം പറഞ്ഞതല്ല ആചാര്യസ്വാമികളുടെ ഒരു ശ്ലോകമാണ് മഹാവാക്യതർപ്പണത്തിൽ ഏതെങ്കിലും ജ്യോത്സ്യൻ ഇന്ന് അഷ്ടമിയാണ് ഇന്ന വ്രതം അനുഷ്ഠിക്കൂ ഇന്ന് ചതുർദ്ദശിയാണ് ഇന്ന വ്രതം അനുഷ്ഠിക്കൂ ഏകാദശിയാണ് ഇന്ന പോലെ ഇരിക്കൂ എന്നൊക്കെ പറഞ്ഞാൽ അതിലൊക്കെ വളരെ ശ്രദ്ധയോടെ ചെയ്യുന്നുണ്ട് ശ്രുതേസ്ത്വഹോ തത്വമസീതി വാക്യം വിശ്വസന്തി അത്ഭുതമേതേവ് ആയിരം അമ്മമാരുടെ കാരുണ്യമുള്ള ശ്രുതിമാതാവ് നീ തന്നെ ആ സത്യമാണ് എന്ന് പറയുമ്പോൾ ആ സത്യത്തിൽ ഇരിക്കാൻ കൂട്ടാക്കാതെ വീണ്ടും അഹങ്കാരത്തിന്റെ മണ്ഡലത്തിൽ വന്ന് ഞാൻ കർത്താവാണെന്നും ഭോക്താവാണെന്നും പുണ്യം ചെയ്യുന്നുവെന്നും പാപം ചെയ്യുന്നുവെന്നും ത്രിഗുണങ്ങളിൽ ബന്ധപ്പെട്ട് എനിക്ക് സുഖം വേണമെന്നും ദുഃഖം വരാൻ പാടില്ലെന്നും ആഗ്രഹിക്കുകയും അനേകം പ്രവൃത്തികൾ ചെയ്യുകയും വട്ടം തിരിയുകയും ചെയ്യുന്ന ഈ ജീവന്റെ കഷ്ടസ്ഥിതിയെക്കുറിച്ച് എന്തു പറയാനാണ് നല്ല പക്വയാണെങ്കിൽ കർപ്പൂരം പോലെ തീയിലിട്ട അപ്പ പിടിച്ച് അതേപോലെ നല്ല പക്വയാണെങ്കിൽ തത്വമസി എന്ന് ഒരിക്കൽ മഹാവാക്യശ്രവണം കേട്ടാൽ താൻ തന്നിലിരിക്കണം പിന്നെ ചലിക്കാൻ പാടില്ല മനസ്സിൽ എന്ത് വിചാരം എന്നാലും ചലിക്കാൻ പാടില്ല ശരീരത്തിന് എന്ത് വിഷമം എന്നാലും ചലിക്കാം ഏറ്റവും എളുപ്പ മാർഗം കേട്ട ഉടനെ വിശ്വസിച്ച് ശ്രദ്ധയോടുകൂടെ ഏൽക്കാമെങ്കിൽ മനസ്സിൽ എന്ത് വേണമെങ്കിൽ വരട്ടെ മനസ്സ് ഞാനല്ല ശരീരത്തിൽ എന്തു വേണമെങ്കിൽ വരട്ടെ ശരീരം ഞാനല്ല ബ്രഹ്മൈവാഹമസ്മി ഇതി സ്വരൂപേണ അവധിഷ്ഠേത ആചാര്യസ്വാമികൾ ഭാഷ്യത്തിൽ പറയണം നല്ല പക്വയാണെങ്കിൽ കേട്ടുകഴിഞ്ഞാൽ ഒരു സദ്ഗുരു പറയുന്നു പിന്നെ തന്റെ മനസ്സ് പറയുന്നതിനൊന്നും അയാൾ പ്രാമുഖ്യം കൊടുക്കില്ല നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മൾക്ക് നമ്മളാണ് പ്രമാണം ശ്രുതി പ്രമാണമല്ല ആചാര്യന്മാർ പ്രമാണമല്ല ഒന്നും പ്രമാണമല്ല അവരൊക്കെ പറഞ്ഞാലും നമ്മൾ എന്ത് പറയും അവർക്കൊക്കെ പറയാം എന്നാലും ഞാൻ ആ സ്റ്റേജ് ആയിട്ടില്ലല്ലോ എന്ന് പറയും ഇത് പറയണതാരാ ആചാര്യനോ ഗുരുവോ ശാസ്ത്രമോ പറയുമ്പോ അവരെ നിങ്ങൾ പൂജിക്കുകയും ആരാധിക്കുകയും കാല് കഴുകുകയും കൈ കഴുകുകയും ഒക്കെ ചെയ്തിട്ട് അവര് പറയുമ്പോ അവർക്ക് പറയാം ഞാനായിട്ടില്ല എന്ന് പറയണേ ഈ ഞാൻ എവിടെ നിന്ന് വന്നു അപ്പൊ അവരെക്കാളും പ്രമാണം എനിക്ക് എന്റെ അഹങ്കാരമാണ് എന്റെ അഹങ്കാരം ഉള്ളിൽ നിന്ന് പറയണതിനെയാണ് ഞാൻ കൂടുതൽ പ്രധാന പ്രാധാന്യം കൊടുക്കണത് ആചാര്യവചനത്തിനല്ല ആചാര്യവചനത്തിനെ സ്വീകരിക്കാൻ ഒത്തിരി വിഷമുണ്ട് കാര്യം വളരെ എളുപ്പമാണ് പക്ഷെ നമ്മളുടെ യുക്തിയും നമ്മളുടെ ബുദ്ധിയുമാണ് നമ്മളുടെ ഏറ്റവും വലിയ ശത്രുക്കൾ കാഞ്ചിയില് ഇതിനു മുമ്പുണ്ടായിരുന്ന ചന്ദ്രശേഖരേന്ദ്ര സരസ്വതി സ്വാമികൾ അദ്ദേഹത്തിന്റെ ഒരു കഥ അദ്ദേഹം മൂന്ന് നാല് ഭക്തന്മാരും ആയിട്ട് ഇരിക്കുമ്പോൾ പരസ്പരം സംവാദം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഭക്തന്മാർ ആരോ പറഞ്ഞു ആദിശങ്കര ഭഗവത്പാദരെ കുറിച്ച് എന്തോ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ഭക്തന്മാര് പറഞ്ഞു അങ്ങും ശങ്കരാചാര്യരെ പോലെ ആണല്ലോ ആദിശങ്കരനെ പോലെ തന്നെ ആണല്ലോ തന്നെ സന്യസിച്ച് ജീവിതം മുഴുവൻ തപസും ഞാനുപ്രചാര ഞാനവുമായി ജീവിച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞു സ്തുതിച്ചു അപ്പൊ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആദിശങ്കരൻ എവിടെ ഞാനിവിടെ ആദിശങ്കരൻ എവിടെ ഞാനെവിടെ അദ്ദേഹത്തിനെ എന്നെ ഉപമിക്കാൻ പറ്റുമോ അപ്പൊ ഈ ഉണ്ടായിരുന്ന ഭക്തന്മാരിൽ ഒരാൾ പറഞ്ഞു അതെന്താ പെരിയവാളും ശങ്കരും എല്ലാം ഒരേപോലെതാ എല്ലാം ഒരേപോലെയാണ് എന്ന് പറഞ്ഞു ഭക്തൻ അപ്പൊ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ അങ്ങനെയൊക്കെ പറയും പക്ഷെ ഒന്ന് ആലോചിച്ചു നോക്കൂ ബദ്രിയിൽ വെച്ച അളകാനന്ദയുടെ തീരത്തില് ശ്രീശങ്കരൻ ഒരു ശിഷ്യനെ നദിയുടെ അപ്പുറത്തിരിക്കുന്ന ശിഷ്യനെ ഇങ്ങോട്ട് വരൂ എന്ന് വിളിച്ചതും ആ ശിഷ്യൻ നദിയുടെ മേലെക്കൂടെ നടന്നു വന്നു വിളിച്ച ഉടനെ ആചാര്യൻ വിളിക്കുന്നു ഒന്നും ചിന്തിച്ചില്ല ആ ശിഷ്യൻ അദ്ദേഹം ഒരു സിദ്ധി കാണിച്ചതൊന്നുമല്ല അദ്ദേഹത്തിന്റെ നദിയുടെ മേലെക്കൂടെ നടന്നു വരുമ്പോ കാൽ ചോപട്ടിൽ താമര വിരിഞ്ഞു എന്നൊന്നും അദ്ദേഹത്തിന് അറിഞ്ഞില്ല നടന്നു വന്നു അതുപോലെ പറഞ്ഞാൽ കേൾക്കണ ഒരു ശിഷ്യൻ എനിക്കുണ്ടോ ഞാൻ പറഞ്ഞ അതുപോലെയൊക്കെ ആരെങ്കിലും ഒക്കെ കേൾക്കുവോ അദ്ദേഹം ശ്രദ്ധയോടെ വിശ്വസിക്കുവോ അതുപോലെ ഒരു തപസും ജ്ഞാന എനിക്ക് ഇല്ലാത്തത് അതുപോലെ ഒരു ശിഷ്യനൊന്നും എനിക്ക് വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പൊ ആദ്യം കുറെ അവരൊന്നും ഒന്നും പറഞ്ഞില്ല പിന്നെ ഒരാൾ പറഞ്ഞു പെരിവാൾ എന്നെ ചെന്നാലും അതേപടി നാം കേപ്പോ അങ്ങ് എന്തു പറഞ്ഞാലും അതേപോലെ ഞങ്ങൾ കേൾക്കും അങ്ങക്ക് വേണ്ടി ജീവൻ പോലും ത്യജിക്കാൻ ഞങ്ങൾ തയ്യാറാണോ എന്നൊക്കെ പറഞ്ഞു അപ്പൊ അദ്ദേഹം ചിരിച്ചുകൊണ്ട് കുറെ കഴിഞ്ഞ് പറഞ്ഞു ജീവനൊന്നും ത്യജിക്കണ്ട എന്ന് പറഞ്ഞു കുറെ നേരം ഇങ്ങനെ സമ്പാദിച്ചതിരത്ത് അവിടെ ഒരു ഒരു വൃദ്ധ ഒരു പാട്ടി ഒരു പാട്ടിയും നോക്കാൻ കാധവ വിധവയായ ഒരു വൃദ്ധ പഴയ ആചാരശീലമായ കുടുംബത്തില് തലയൊക്കെ മുണ്ടനം ചെയ്ത് തലയിൽ കാഷായി ജപമാലയായി പഞ്ചപാത്രവും അവിടെ ഇരിക്കുന്നുണ്ട് ജലപാത്രമൊക്കെ ആയിട്ട് ഇരിക്കണത് കുറെ കാലമായി മഠത്തിലേക്ക് വരുന്ന ഒരു വൃദ്ധ സ്ത്രീ വളരെ ദേഷ്യവും അമ്മയാണ് ആരും അടുത്ത് പോയാലും ചീത്ത പറയും ആരും തൊടാൻ പാടില്ല ആചാരത്തോടുള്ളവരാണ് എല്ലാവർക്കും മഠത്തിലുള്ളവർക്കൊക്കെ അറിയാം ആചാര്യ സ്വാമി ഈ ശിഷ്യൻ എടുത്ത് പറഞ്ഞു പാട്ടി ഓക്കാന്നിണ്ടിരിക്ക വൃദ്ധ ഇരിക്കുന്നുല്ലോ അവരെടുത്ത് പോയി ഞാൻ ഒരു കാര്യം ചോദിക്കാൻ പറയാ അതേപോലെ ചോദിക്കോ എന്ത് പറഞ്ഞാലും ചോദിക്കാമല്ലോ എന്ന് പറഞ്ഞു ഈ ശിഷ്യൻ ശരി ഒരു കാര്യം ചെയ്യൂ അവരെടുത്ത് പോയി സുമങ്കലിയാ അപു കേട്ടുവാ നിങ്ങൾ സുമങ്കലിയാണോ സുമങ്കലി എന്ന് വെച്ചാൽ വിവാഹിതയായി ഭർത്താവ് ഉള്ള സുമങ്കലി എന്ന് ചോദിച്ചിട്ട് വരൂന്നാണ് എന്നാൽ ഇതാണ് നിങ്ങൾക്കൊക്കെ അർത്ഥമായത് എല്ലാരും ചിരിച്ചല്ലോ അല്ലെ നാച്ചുറൽ ബ്രെയിൻ അതാണ് ചോദിച്ചിട്ട് വരൂ അയ്യോ അപ്പൊ പറഞ്ഞു സ്വാമി അവര് സുമങ്കലി അല്ല വിധവയാണെന്ന് നമുക്കൊക്കെ അറിയില്ലേ കാഷായ ഉടുത്ത് തല മുണ്ടനം ചെയ്ത് എത്ര കാലമായി മഠത്തിലേക്ക് വരണു ഇതൊക്കെ പോയി പറഞ്ഞ ആൾക്കറിയില്ലയോ നോക്കണം നമ്മളുടെ യുക്തി അതാണോ പറഞ്ഞ ആൾക്കറിയില്ലയോ പോയി സുമങ്കലിയാണോ എന്ന് ചോദിച്ചിട്ട് പറഞ്ഞാൽ നമ്മളുടെ യുക്തി നമ്മൾ എന്ത് വിചാരിക്കണോ നമ്മളുടെ ലോജിക് വളരെ ലോജിക്കൽ ആണോ എന്ന് വിചാരിക്കുകയാണ് ബട്ട് നത്തിങ് ഈസ് മോർ ഇറാഷണൽ ദാൻ റീസൺ വെൻ ഇറ്റ് കംസ് വിത്ത് മഹാപുരുഷസ് അതിന് ഉദാഹരണമായിട്ടാണ് ഈ എക്സാമ്പിൾ പറയുന്നത് നീ സുമങ്കലിയാണോ എന്ന് ചോദിച്ചിട്ട് വരുമെന്ന് പറയണ ആൾക്ക് നമ്മളെക്കാളും വിവരമുണ്ട് എന്ന് തീരുമാനിച്ചാൽ യാതൊരു സംശയവും കൂടാതെ ചോദിച്ചിട്ട് വരാം ആ ചോദിക്കാൻ പറയുന്ന ആള് ആരെയും മനസ്സ് വ്രണപ്പെടുത്തിക്കില്ല എന്ന് അറിയുമെങ്കിൽ പോയി ചോദിച്ചിട്ട് വരാം പക്ഷെ ഇവര് പറഞ്ഞു അവര് വിധവയാണെന്ന് നമുക്കറിയില്ലേ അവര് എത്ര കാലമായിട്ട് ഇങ്ങനെ മഠത്തിൽ വരുന്നു അവരുടെ ഭർത്താവ് മരിച്ച കഥയൊക്കെ എനിക്ക് അറിയാം എന്നൊക്കെ ഓരോരുത്തരും പറഞ്ഞു അപ്പൊ ആചാര്യസ്വാമി പറഞ്ഞു ചോദി കേട്ടിട്ട് പാടാ ചോദിച്ചിട്ട് വരൂ അല്ലേ പ്രിഭാവറൊമ്പ കോപങ്ങൾ ഉള്ള പാട്ടി വളരെ ദേഷ്യമുള്ളവരാണ് ചീത്ത പറയും എന്നൊക്കെ പറയാം അവസാനം ഇങ്ങനെ കൊറേ നേരം പറഞ്ഞു കഴിഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു ഇത് താ നും ശങ്കറനും രണ്ടുതാ ഞാന് ശങ്കറനും ഒന്നാവില്ല ഞമ്മള് രണ്ടാവണം വേറെ ആണ് ഇങ്ങനെ പല മുറ അവസാനം ഇദ്ദേഹം പതുക്കെ പതുക്കെ ശങ്കിച്ച് ശങ്കിച്ചു പോയി അവര് അടുത്ത് പോയി നിന്നു അവരും അവിടെ നിന്ന് നോക്കുന്നുണ്ട് തമ്മിൽ നടത്തുന്ന ഡ്രാമ അടുത്തു പോയത് അവര് അവരുടെ കാരക്ടറിസ്റ്റിക് സ്റ്റൈലില് ഏണ്ടാവന്തെ എന്നടാ വേണം എന്താ വേണ്ടതെന്നൊക്കെ ചോദിച്ചു അപ്പൊ കൂടുതൽ പേടിയായി അവര് തന്നെ ചോദിച്ചു പെരിവാ അതാത് കേക്കച്ച നാടാ എന്തെങ്കിലും ചോദിക്കാൻ പറഞ്ഞു ആമാ എന്ത് ചോദിക്കാൻ പറഞ്ഞു അപ്പൊ അവിടുന്ന് അദ്ദേഹവും കഴി കാണിക്കണ്ട് ചോദിക്കൂ ചോദിക്കൂന്ന് ഈ വൃദ്ധ വീണ്ടും വീണ്ടും പറഞ്ഞപ്പോ അവസാനം അദ്ദേഹം പറഞ്ഞു നിങ്ങൾ സുമങ്കലിയാണോ എന്ന് ചോദിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞു ആമാ പെരിവാളി തെരമേ സുമങ്കലി തമിഴ്നാട്ടിലെ ഒരു ഗ്രാമമാണോ സുമങ്കലിയേ ആ ഗ്രാമത്തിൽ താണവർ ആ പെരിവാങ് വന്നിരിക്കുമേ സുമങ്കലി എന്ന് പറയണ ഒരു ഗ്രാമത്തിൽ അവർക്ക് മറ്റേ അർത്ഥമേ അവരുടെ ബ്രെയിനിൽ പോയില്ല അവരുടെ ബുദ്ധിയിൽ സുമങ്കലി എന്ന അഗ്രഹാരം ആ അഗ്രഹാരത്തിൽ ആണോ നിങ്ങള് എന്ന് ചോദിച്ച അർത്ഥമേ അവരുടെ ഉള്ളിൽ പോയുള്ളൂ ഇത് നേരത്തെ ആദ്യമേ പോയി ചോദിച്ചിരുന്നുവെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല ശരിയായ ഗുരുഭക്തി ഉണ്ടെങ്കിൽ ഗുരു പറയുന്ന കാര്യത്തിലെ ലോജിക്കോ റീസണോ ഒന്നും ചിന്തിക്കാൻ നിൽക്കാൻ പാടില്ല പക്ഷെ ലോജിക്ക് ഉപയോഗിക്കാം എവിടെ ഉപയോഗിക്കാം ആദ്യമേ ആ ഗുരു സർവജ്ഞനാണോ സത്യദർശിയാണോ എന്ന് അറിയുന്നവരെ ലോജിക്ക് ഉപയോഗിക്കാം അറിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പകൽ സമയത്ത് ഇത് രാത്രിയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കണം അദ്ദേഹത്തിന് എന്നെക്കാളും വിവരമുണ്ടെന്നും അപ്പോ ദർ യു ആർ നോട്ട് എൻസ്ലേവിംഗ് യുവർ സെൽഫ് നമ്മൾ അദ്ദേഹത്തിന് അടിമയാവുന്നില്ല നമ്മളുടെ ബുദ്ധി കൊണ്ട് ടെസ്റ്റ് ചെയ്ത് അദ്ദേഹം സർവജ്ഞനാണെന്നും സത്യദർശിയാണെന്നും അറിഞ്ഞു കഴിഞ്ഞാൽ സേഫായിട്ട് നമ്മളുടെ ബുദ്ധിയെ കൊണ്ടുപോയി അവിടെ ചോട്ടിൽ വെക്കുന്നതിൽ എന്ത് ഭയപ്പാട് ഒരു കൊച്ചുകുട്ടിക്ക് ടീച്ചർ എ എന്ന് എഴുതി കൊടുത്തിട്ട് ഇത് എ ആണെന്ന് പറയുമ്പോ കുട്ടി വിശ്വസിക്കണല്ലേ അതേപോലെ സത്യദർശിയായ ഒരു ആചാര്യൻ നീ ബ്രഹ്മമാണ് ആ പൂർണ വസ്തുവാണ് എന്ന് പറയുമ്പോ നമ്മൾക്ക് മനസ്സിലായാലും മനസ്സിലായി മനസ്സിലാവൽ മനസ്സിലാകാതിരിക്കലും ഒക്കെ മനസ്സിന്റെ മണ്ഡലമല്ലേ സത്യത്തിൽ മനസ്സിലാവലും മനസ്സിലാകാത്ത സത്യം സ്മൃതിയുടെ മണ്ഡലത്തിനപ്പുറമാണ് സത്യം ബ്രെയിനിനപ്പുറാണ് അതുകൊണ്ട് മനസ്സ് മനസ്സിലാകാതിരിക്കൽ മനസ്സിലാവൽ ഒന്നിനും അർത്ഥമില്ല അതുകൊണ്ട് ആ സത്യത്തിന് അപ്പടി സ്വീകരിക്കുക സ്വീകരിച്ച് അതിനെ അസർട്ട് ചെയ്യുക എന്നുവെച്ചാൽ അതിനെ വീണ്ടും വീണ്ടും സ്ഥാപിക്കുക ഉള്ളില് മനസ് ഉള്ളിലിരുന്ന് വീട്ടില് വയസ്സായിട്ടുള്ള ചില വൃദ്ധന്മാരൊക്കെ ഉണ്ടാവുമല്ലോ അവരിങ്ങനെ ചറൂർ ചെറുവർന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ നമ്മൾ എന്ത് ചെയ്യും കുറെ കഴിഞ്ഞാൽ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ശ്രദ്ധിക്കണ്ട എന്ന് പറയില്ലേ അതേപോലെ ഇതൊരു പടുകിഴവനാണ് ജന്മജന്മങ്ങൾ കഴിഞ്ഞിട്ടുള്ള ഒരു വൃദ്ധനാണ് ഈ മനസ്സ് അതുകൊണ്ട് അതിന് ഒരുപാട് കാര്യങ്ങൾ അറിയാം അതൊക്കെ അത് വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കും അതിനൊരു പ്രാമുഖ്യം കൊടുക്കണ്ട അതെന്തു വേണമെങ്കിൽ പറയട്ടെ അതിന്റെ തൊഴിൽ നീ ജീവനാണ് നീ പാപിയാണ് നിനക്ക് കാമമുണ്ട് നിനക്ക് കോപമുണ്ട് നിനക്ക് അസൂയുണ്ട് നീ ബന്ധനത്തിൽ കിടക്കുന്നവനാണ് നിനക്ക് രോഗം വരും നീ മരിച്ചു എന്നൊക്കെ സദാ പെരുപറുക്കലാണ് ഈ മനസ്സിന്റെ ജോലി ശ്രുതിക്കും ഗുരുവിനുമുള്ള ജോലി നീ ആത്മാവാണ് നീ ശുദ്ധ വസ്തുവാണ് നിനക്ക് ബന്ധമില്ല നിനക്ക് മരണമില്ല നീ നിത്യമുക്ത വസ്തുവാണ് എന്ന് പറയലാണ് ശ്രുതിക്കും ആചാര്യനും നിങ്ങളുടെ ഉള്ളിലുള്ള വിവേകത്തിന്റെയും ജോലി അതാണ് നിങ്ങൾ വിവേകത്തിന് പ്രാമുഖ്യം കൊടുക്കണോ ശ്രുതിക്ക് പ്രാമുഖ്യം കൊടുക്കണോ ആചാര്യന് പ്രാമുഖ്യം കൊടുക്കണോ അഥവാ നിങ്ങളുടെ ഉള്ളിലുള്ള അഹങ്കാരത്തിന്റെ സന്താനമായ മനസ്സിന് പ്രാമുഖ്യം കൊടുക്കണോ എന്ന് മാത്രം തീരുമാനിച്ചാൽ മതി ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്താൽ നമ്മൾ അധ്യാത്മസാധനയിൽ ഏറ്റവും പ്രധാനമായ തലത്തിലേക്ക് കാലുവെച്ച് കഴിഞ്ഞു ശുദ്ധബുദ്ധി രസി ചേത്ത് മാത്രാസ്തുതേ സംശയ ആചാര്യസ്വാമികൾ പറഞ്ഞു കുഞ്ഞേ നീ ശുദ്ധ അല്പം പോലും ഈ സത്യത്തിനെ സംശയിക്കരുത് സത്താചിത് സുഖരൂപമസ്തി സതതം നാഹം നചത്വം ഋഷ േദം വദൃഷ്ടഖിലം നാസ്തി ജാനീഹി ഭോ യോക്തം കരുണാവശാത്വിമയാ ഞാൻ കാരുണ്യം കൊണ്ട് നിനക്ക് പറഞ്ഞു എന്ന് ആചാര്യൻ പറഞ്ഞു കൊടുക്ക ആ സത്യത്തിനെ സ്വീകരിക്കൂ സ്വീകരിച്ചാൽ ഗുണങ്ങളും സത്വം രജസ് തമസ് മുതലായ ഗുണങ്ങളൊക്കെ പ്രകൃതിയിലാണോ ഉള്ളത് നമ്മളുടെ യഥാർത്ഥ സ്വരൂപത്തിനെ ഇതൊന്നും കളങ്കപ്പെടുത്തുന്നേ ഇല്ല നമ്മളുടെ യഥാർത്ഥ സ്വരൂപം നിത്യമുക്തമാണ് അതിൽ ബന്ധമേയില്ല ജനനമില്ല ഇടയ്ക്കിടയ്ക്ക് അകമയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക എനിക്ക് ഭയമില്ല കാമില്ല ക്രോധമില്ല ഉണ്ടെന്ന് തോന്നും പലതും തോന്നും സ്വപ്നത്തിൽ പലതും തോന്നണില്ലേ അതിനൊക്കെ പ്രാമുഖ്യം കൊടുക്കണുണ്ടോ സ്വപ്നത്തിൽ ദരിദ്രൻ ചക്രവർത്തിയാകുന്നു ചക്രവർത്തി ഭിക്ഷുവാകുന്നു സ്വപ്നത്തിൽ എഴുന്നേറ്റിട്ട് താൻ ഭിക്ഷുവാണെന്ന് പറയുന്നുണ്ടോ അയാള് അല്ലെങ്കിൽ ചക്രവർത്തിയാണെന്ന് അത് സ്വപ്നമാണെന്ന് തള്ളുന്നുവല്ലോ അതേപോലെ ജാഗ്രത്തിൽ അകമേക്ക് കാണുന്ന ഒരു സ്വപ്നമാണല്ലോ ഈ മനസ്സെന്ന് പറയണത് അതിനെന്തിനു പ്രാമുഖ്യം കൊടുക്കണം വിവേകം കൊണ്ട് അതിനെ പുറന്തള്ളുക വിവേകം കൊണ്ട് മനസ്സ് പറയണതിനെ കേൾക്കാതിരിക്കുക ശരീരത്തിൽ പലതും ഉണ്ടാവും രോഗമുണ്ടാവും വിഷമങ്ങൾ ഉണ്ടാവും ഈ ശരീരം ഞാനല്ല അകവും പുറവും നിറഞ്ഞിരിക്കുന്ന ചിതാകാശമാണ് ഞാൻ അതിനുവേണ്ടി ശരീരത്തിന് ഭക്ഷണം കൊടുക്കേണ്ട എന്നോ മരുന്ന് ഒന്നുമല്ല അതൊക്കെ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ വ്യവഹാരത്തിൽ എന്തൊക്കെ നടത്തണോ ഒക്കെ ഭംഗിയായിട്ട് ചെയ്തോളുക പക്ഷെ ശ്രദ്ധയെ അതിൽ കൊണ്ടിടരുത് അത്രയേ ഉള്ളൂ മനസ്സിനെ അതിൽ കൊണ്ടിടരുത് വേണ്ട കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് കൃത്യമായിട്ട് ചെയ്യട്ടെ അതൊക്കെ വ്യവഹാരത്തിൽ നടക്കട്ടെ സത്യത്തിൽ സ്വരൂപത്തിൽ നിഷ്ഠനായിട്ടിരിക്കാൻ വീണ്ടും വീണ്ടും ഞാൻ ബ്രഹ്മമാണ് എനിക്ക് ജനനമില്ല മരണമില്ല നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവമായ വസ്തുവാണ് യാതൊ യാതൊരു കളങ്കവും എന്നെ സ്പർശിക്കില്ല മേഘങ്ങൾ സ്പർശിക്കാത്ത പോലെ ചിത്തവൃത്തികൾ ഒന്നും തന്നെ എന്നെ യാതൊരു വിധത്തിലും വിഷമിപ്പിക്കില്ല ഇടയ്ക്ക് ഏകാന്തത്തിലിരുന്ന് വീണ്ടും വീണ്ടും ഇങ്ങോട്ട് പറയാ നിത്യമുക്ത വസ്തുവാണെന്ന് പറയാ എനിക്ക് മരണമില്ല എന്ന് പറയാ ജനനമില്ല എന്ന് പറയാ സദാസ്വതന്ത്രനാണെന്ന് പറയാ അഭീഹി അഭീഹി എന്നുള്ളിൽ പറയാ ഈ ഒരു സജഷൻ ഉള്ളില് കൊടുക്കുക പതുക്കെ പതുക്കെ വിദ്യാരണ്യസ്വാമികൾ പറയണു അങ്ങനെ മനസ്സുകൊണ്ട് ഭാവന ചെയ്താൽ സത്യം സാക്ഷാത്കരിക്കപ്പെടുവോ എന്ന് ചോദിക്കുമ്പോൾ വിദ്യാരണ്യസ്വാമികൾ പറയുന്നത് ഇല്ലാത്ത ലോകത്തിനെ ഭാവന ചെയ്ത് ഉള്ള ബ്രഹ്മം ഭാവന കൊണ്ട് എന്ത് പ്രകാശിക്കില്ല എന്നാണ് ഇല്ലാത്ത ശരീരവും ലോകവും ഒക്കെ നിങ്ങൾ ജന്മജന്മങ്ങളായി ഭാവന ചെയ്ത് അപ്പോൾ ഉള്ള സത്യം ഭാവനയെ കൊണ്ട് എന്തുകൊണ്ട് പ്രകാശിക്കില്ല നിശ്ചയമായും പ്രകാശിക്കും തിരിച്ചു ഭാവന ചെയ്തു തുടങ്ങുക